അള്ളാഹുസുബഹാനഹുവറ്റായാല താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും ചിലർക്ക് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അവർ ഐഹിക ജീവിതത്തിൽ സന്തോഷിക്കുന്നു എന്നാൽ പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഐഹിക ജീവിതം വെറും താൽക്കാലികമായ ഒരു വിനോദം മാത്രമാണ്